പ്രഭോ താമസാവിഭൂതാദേർവിവാണാന്നഭ തുണശ്ദോ ലിംഗ്രദൃശ്യോ നഭസോധ വികുർവാണാഭൂൽ സ്പ്പശഗുണോനിര പരാന്വയാൽ ശബ്ദവാംശ്ചാണോജസഹോ ബലം വായോരവികുർവാണാൽ കാലകർമ്മസ്വഭാവത ഉദപത്യതേജോ വൈപവൽ സ്പ്പരിശ ശബ്ദവൽ തേജസസ്തു വികുർവാണാദാസീതംഭോ രസാത്മകം രൂപവൽ സ്പരിശവച്ചാഭോ ഘോഷവച്ച പരാന്വയാൽ വിശേഷസ്തു വി കുർവാണാദംഭസോ ഗന്ധവാന ഭൂൽ പരാന്വയാൽ രസസ്പരിശ ശബ്ദ ൂപുണാൻവിത വൈകാരികൻമനോ യജ്ഞേ ദേവാ വൈകാരിക ദശ ദിഗ്വാതാർക്കേതോഷ് വന്നീന്ദ്രോപേന്ദ്രമിത്രകാ തൈജസാത്വി കുർവാണതിന്ദ്രി ദശാഭവൻ ജ്ഞാനശക്തി കിട്ടശക്തിർബുദ്ധിപാണശ്ച തൈജസൗ ശ്രോത്രം ത്വ്രാണദൃജിഹ്വാഗ്ദോർമ്മേ ഭ്രാഘ്രിവാ യൂതേന്ദ്രിയനോ ഗുണ യർമാണേ നശേ ബ്രഹ്മവിത്തമ താ സംഹാനോന്യം ഭഗവക്തി ചോദിത സദസത്വമുപാദായ ചോഭയം സസൃഗുഹ്യത വരുഷപൂകഹസ്രാന്തേ തദണ്ഡമുദകേശയം കാളകർമ്മ സ്വഭാവസോ ജീവോ ജീവം അജീവയൽ സവേ പുരുഷസ്തസ്മാർദ്യ നിർഗത സഹസ്രോർ വങ്ങ്ഘ്രിബാഹസഹസ്ര ശീർഷവാൻ യസേഹാവയവൈർലോകാൻ കല്പയന്ത് മനീഷിണ കട്യാതിരഥ സപ്ത സപ്തോർധ്വഞ്ഞ്ജനാതി പുരുഷ മുഖം ബ്രഹ്മക്ഷത്രമേത ബാഹവ ഊർവോർവൈശ്യോ ഭഗവര പദ്ഭ്യം ശൂദ്രോഭ്യജായ ഭൂർലോക കൽപ്പത പദ്ഭ്യം ഭൂവർ ലോകോസ്യ നാഭിത ഹൃദാസ്വർക ഉരസ മഹർലോകോ മഹാത്മന ഗ്രീവായാ തപോലോകയാൽ മൂർദ്ധഭ സത്യലോകസ്തു ബ്രഹ്മലോകൽക്കാതലമൂരുഭ്യാ വിതലം വിഭോ ജാണുഭ്യം സുതലം ശുദ്ധം ജംഗാഭ്യം തുതലാതലം മഹാതലം ഗുൽഭാഭ്യം പ്രപദാഭ്യം രസാതലം പാതം പാദ തലതൈതി ലോകമയപ്പുമാൻ ഭൂർലോകൽപ്പംഭി സ്വർകൽ മൂർധനകല്പന ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യം സംതീയ സ്കന്ധേ പഞ്ചമധ്യ ഗോവിന്ദനാമസീർത്തോവി േ മുഖം ക്ഷേത്രം ഛന്ദസം സത്ഥാ ഹവ്യയാം ജിഹ്വാ സർവരസർവാസുവനഞ്ചാശ്ചന്നസേ പരമായണേ അശ്വിനീ ഓഷധീനഞ്ചാണോ മോദ പ്രമോദയോ രുവാണം ചുർദ്ദി സൂര്യസജാക്ഷിണി കണ്ണൌദാം ചതുർ ശ്രോത്രമാകാശബ്ദയോ തദ്ത്രം വസ്തുസാരാണം സൗഭഗസ് ജഭാജനം തുഗസസ്വശവായുശ്ച സർവേധസ് റോമാണുഭിജാതീന യുവാ യു സമ്പ്രദശശ്രുത ശിലാോഹ്രവിദ്യുരാഹവോ ലോക ബാല പ്രായശ ക്ഷേമകർമ്മ വിക്രമോ ഭൂഭുവസ്വച്ച ക്ഷേമ ശരണച്ചവരേ ശരണം അവാംവീസർഗസ് പജന്യ പ്രപത്തെ പുസോസ്തസ്തു പ്രവൃമോ നിരസമൃത പരാഭൂര ഗോത്രം അസ്ഥ സംഹതി അവ്യരസസിന്ധൂതം വിജിം പുംസോ ഹൃദയം മനസ്പദം ധർമ്മ മമതുഭ്യഞ്ച കുമാവ് പരസ്യത്മാ പരാണം അഹംഭവാൻ ഇമേ മുന യോഗ്യ ൃതം വിം പ്രാണോത്യസുരാജം ൂർധനോർ പാദസയോപ്രജനമ അന്ധസ്ഥോകേ സ്ത്രുചക്രമേനശനേ ഉഭേ യജ വിരുഷസ്ഥോഭയാശ്രയാസ്മാംത്മകൂയ യഥാസമാഭ്യാദമാസം മഹാത്മനീം യജ്ഞസംഭാരാരുഷാവൈവാധൃ യജ്ഞസ്മതയുക്കുശ ഇജനം കാരുഗുണന്യുത വസ്തുന്യോഷയസ് ചാതുർത്തഞ്ച സാമധേയാ മന്ത്രശ്ചക്ഷിശ്ചാതാനുക്രമക്കൽപങ്കൽപ്രമേ ഗതയോ മതയ ശ്രദ്ധ പ്രായശ്ചിത്തം സമർപ്പണം പുരുഷാവൈവേ സംഭാരംഭൃതൃതംഭാര യം തമേവ പുരുഷം യജ്ഞം തടസ്തരാതരേ പ്രജാ പദയോ നവജൻ വ്യക്തമവ്യക്തം പുരുഷം സസമാനവൈരേഷയോ പിന്നുഷ്യാരായണേ ഭഗവതിമായോർഗുണ സർഗാദഗുണസ്വത സജാമി തന്നിക് ഹരോരിത വിശം പുരുഷരുപേണ പരിവാദിത് ഇരിഹിതം താത യഥേദമനക്ഷ്യ ൗകൃതൂഹരിയോ പ്രജാതീനപതി ആസ്ഥാ യോഗം നിപുണം സമാം നഗച്ചത്മസംഭവം നോസ്മേഹം തച്ചരണം സമീയുഷംഭവം സുമംഗളം യോഹ്യത്മമായാവര്യസ്വാ സേഷാദ്യപുരുഷ കൽ കൽ സജത്തെതിശുദ്ധം കെലം ജനം പ്രത്യക്ഷം സത്യം പൂർണ്ണവനന്തം നിത്മദ്വയം മുന പ്രശാന്താത്മേന്ദ്രിയശയ തിരോധീത വിപ്ലുതം ആദ്യോപതാര പുരുഷ പരസ്യ കാലസ്വഭാവ സന്മനശ്ചാ ദ്രവ്യം വികാരൂഗുണ ഇന്ദ്രിയ സാസൃ ചരിഷ്ണുഭൂം അഹംഭവോ എയ്യിദേശാദാശ സർവോകാല ഖഗലോകാലോകാല തരോകപാ ഗന്ധർവ്യണേശോ എവാീം സഭാത്രീണ വൈതത്തെന്ദ്ര സിദ്ധേശ്വരനവേന്ദ്ര അനേ പ്രയതപിശാചൂതകൂഷമാദോമഗക്ഷധീശിഞ്ച ലോകീഭവസഹസ്വത് ബലവത്വ ശ്രീഹ്രീവിഭൂ വദൽ ഉദാഹരണം തത്വമ്പലം രൂപവദസ്വരൂപം പ്രാধান്യദോയാനുഷമാമനം ദിദിലവദലൻ പുരുഷസ്യ ഭൂമ്ന ആവീയാദാമ് കർണ്ണകശായേ ശോഷാരുക്രമശി തൈമാൻ സുവേഷാൻ ശിവഭാവതി മഹാഭരണേ സർവത്ര സമീതായ രാമ സംഗീർത്തന മോവിന്ദ ഗോവിന്ദാ ഗോവിന്ദം ശ്രീ ബ്രഹ്മോവാചാ ഏറ്റോദ്യ ദക്ഷിതിദലോദ്ധരണായ വിബ്രൽ ക്രൗഡീം തനം സകല യത്നമൈവനന്ദ അന്തർമഹർണമാതി ദൈക്യം സ്ത്രീഭമം നമഗതിൽപനം ഗുണസംഗമംഗമസ് കിലശം അത്രേരത്യകക്ഷോ ദോ മയാൽ ക്ഷയാദനോകല്പ്ലവ വിനഷ്ടമതം സമ്യക് ജാദമുനയോക്ഷതാൽമുദനിഷ്ടൂർത്താരായണോ നരയി സഭാവ ദൃഷ്ട് ആത്മനോ ഭഗവതോ നയമാവലോകം ദൈവസ്തു ഖടി ദഹന്തിലം പ്രവിശൻ ബിശ്ശ്രേദിത്രി രാജോ ബാലോഭിസന് സേവന ധ്രുപകം പ്രസന്നോ ദിവ്യൂ വന്ധി മുനയോ യുപര്യസ്ത യുൽപ്പം ദ്ജവാക്വജ്രവിപ്ലുഷ്ട പൗരുഷഭം നിരേപതന്തം ണ പരിമുക്തംഗ സത്രേ മീര്ഷാധോയറ്റ പുരുഷ സർ ചന്ദോമയോ ൂഥവാനാമി പൃഷ്ടച്ഛച്ഛച്ഛർ ഗഗോത്രം നിക്ഷണോദ്രി പരിവർത്തരോ യൂഥു ആഹേദമാരുഷ അഖിര ലോകംഗള നമധേയ थे नम प्रमेय चक्रयुध പദഗരാജഭുജതിരുൂഢ ചക്രേണ നക്രവദനം വിരിവാടയസ്മാഗൃഹ്യ ഭഗവാൻ കൃപയോ ജഹാരാതിയസ്ുധാനോ വിമാഗൃഹേ ത്രിപദന യാശ്യാമൃതരൻ പ്രഭുവിർന്നോ ബലേരയമുരു കമ പാദശൌചമാവശ്യാ ധൃതവധോ വിബുധാധിപത്യം യോ വൈ പ്രതിശ്രുത മൃതീർഷന്യലാത്മാനമംഗരസ ിമേനേ തുഭ്യം ചാരദഭൃശം ഭഗവാൻ വിവൃദ്ധഭാവന സാധു പരിതുവാച യോഗം ജ്ഞാനം ചാഗവതമാത്മസതീപം യദ്വാസുദേവരണാവിരഞ്ച ചക്രം ജ വിഹദം ദശസു സ്വേജോ മന്വന്തരേഷു മനു വംശധരോ ബി ഭർ ദുഷ്ടേഷു രാജസുതമം വ്യത്ഥാന സ്വകീർത്തിം സത്യേത്രി പൃഷ്ടൌഷീം പ്രഥയം ചരിത്രേ ധന്വന്തരിച്ചവവാൻ സ്വയമേവ കീർത്തിരുജാ ആശുഹന്തിമൃതായുര ആയുശ്ചേദമനുഷാസ്ത്യവധിജലോകെ ക്ഷത്രം ക്ഷയാ വിധിനോപൃതം ബ്രഹ്മത്മാ ബ്രഹ്മധ്രഗുഞ്ഞ് പഥം നര അസ്മൽ പ്രസാദമുഖ കലയാഗു വംശീര്യോർദേശേ തിഷ്ടശന്ധരാസ്മാഅിരുയാഗേ മാർഗം സരിപുരം ഹരവദ്യ ദക്ഷോ ദൂരേമോശോണ ദൃഷ്ടപ്യമാന മകരോ ക്ഷസ്ഥല സ്ർശരുമർശ്യയാ കലയാസിത കൃഷ്ണകേശാ കരിഷ്യതി ജനാനുപലക്ഷ്യമാർഗ കർമാണി ജാത്മഹിമോപനിബന്ധന തോകേന ജീവഹരണം യൂലൂകി ഗായ मसीग से जपदा शकड़ो अब वृत्ता യിംഗതഅോർ ഉന്മൂലം ഹൃദിന്യം തൽക്കുമുജിവനെഹ്യമാനേ ഉന്നേഷ്യോം നേത്രേ പി്യ സബലോനധിഗമ്യവീര്യ ഗൃണ്ണീത യദുപബന്ധമുഷ്യമാശുൽപം തഷ്യമാതി യജംഭതോസ ഭുനഗോ സംവീക്ഷങ്കിതമന പ്രതിബോധി ദശീൽ നന്ദം ജോക്ഷിതി ഭയാൽ വരുണ്യ വാശാൽ ഗോപാൻ ബിരേഷൻമയ സൂനുരാജ അനാഥതം നിശി ജയാനമതി ശ്രവേണ ലോകം വികുണ്ഠമുനേഷ്യോകുലം സ്മ ഗോപേമ്രജ വിപ്ലവായേ വർഷതി പശുന് കൃപയാക്ഷു ധാർത്തോലേന്ദ്രമധാർത്തോന്ധ്രവ സപ്തപ്തർഷോ മഹീധ്രമനഖൈകേ സലീലം കളപദായർിതേന ഉദ്ദീവിതംന്തസോക്ഷിമുഖ്യേവാമൃേ സമിതിൽസ്യസൃജയ കൈകയാദ്യശനമല പാർമാഹു ൃശ്യം സ്ഥോകയുഷനിഗമോ ആവൃത സ്വനിടോ വിഭജിഷ്യതി സ്മ ദുഷാ നിഗമ വർമ്മനിർമയ വിഹിതൃശ്യ ദൂർഭി ലോകാൻഘ്നദിവിമോഹമതി പ്രലോഭം വേഷം വിധായ ബഹുഭാഷ്യത ഔപധർമ്മ്യം യർയാളയേഷ സദാ നരേ കഥാ പാഖണ്ഡിന്ഷളളാ നൃദേവാ സ്വാഹതി സ്മ ഗിരോ നയത്ര ശാസ്ത്ര ഭവിഷ്യതി കളേർ ഭഗവാൻ യുഗാദേ സർഗേദോഹമൃഷയോ നവേ പ്രജേശാസ്തേ ചർമ്മമഖമന്വരാ വീഷ അന്ദേഹരമന് അന്ദേഹരമഞ്ഞുവരാദ്യാ വിഭൂതയായി മാരു ശക്തിഭാജ വിഷ്ണോർന്നു വീരഗണനാംകമോർഘായ പാർത്ഥിവാർമേ രംസി ചയസ്വരം ഹസസാൽദാ യം വിമ്യംസ്താവലപരേ ഗായുൻ ദശദാനി ശേഷോധുന സമവ സി നാരം യാം സെ ഭഗവാൻ ദേദനന്ദ സർവാത്മനവോ യം തേ ദുസ്തരാമതി യാഷാ മതിഥി സ്വൃാക്ഷേ വേദാഹമംഗപരമസ യോഗമായാം യൂയം ഭവ ഭഗവാൻ ദൈത്യവൈദ്യ പത്നീമനോ സനുശ്ചേ താൽമചാചീന ഋഭുരംഗ ഉദ്രുശ്ചാക്വാഗുരൈള മുജുന്താധിരംബരീഷ സഗരാ ഗയനാഹുഷാ മാന്ധ്രാർത്ഥർക്കുരന് ദവ്രതോ ബിരമൂർത്തരയോ ദിലീപ സൗഭര്യതംഗശി ദേവലിപ്പലാദ സാരസ്വതോദ്ധവ പരാശരഭൂരിഷേണ യന്യ വിഭീഷണ ഹനുമുപേന്ദ്രദത്തവാർിഷേണ വിധുരശ്രുതേവര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 യാം സ്ത്രീ ശൂദ്ര ഗൂണ ശബരാ അഭി പാപജീവാദ്യത്ഭുതക്രമ പരാണശീല ശിക്ഷാ ശ്രുതധാരണായ പ്രതിബോധമാത്രം ശുദ്ധം പരമാത്മതത്വം ശബ്ദോ നയത്രോ മായാമുഖേ വിലജ്യമാന തദ്വൈപം ഭഗവത് പരമസ്യംസോ ബ്രഹ്മേതിരജസ്ത്രുഖം വിശോകം സദൃഗ്നി ശ്രേയസമുഗവാ ഭാവസ്വഭാവവിഹിത സിദ്ധി ദേഹേ സുധാഗമേന് വിശീര്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശീര്യേജ ൃണ്ാം ഭക്തിർവിഷ്യമിളാരേ സങ്കൽപ്പർയാർയതോ മുഷ്യ ഈശ്വരനു മോദദദ ശൃണ് ശ്രദ്ധയാൽ ഗോവിന്ദൻ്റെ ഗോവിന്ദ ഹരേ ഗുരുവായൂരപ്പ പരീക്ഷത്തെ അങ്ങയുടെ ചോദ്യം നന്നായി ഭഗവാനെ അവിടുത്തെ ഫരമൊക്കെ തൻ്റെ ഈ ചോദ്യത്തിന് അനുഗുണമായ മറുപടി നൽകാൻ അവിടുന്ന് തന്നെ അടി എൻ്റെ അവതരിക്കണേ എന്ന് ശ്രീശിവ ബ്രഹ്മർഷി പ്രാർത്ഥിച്ചു ശ്രോതവ്യാധി നീ രാജേന്ദ്ര നിണാം സന്ധി സഹസ്രശാ ഓരോരുത്തർക്ക് അവരവരുടെ അഭിരുചിക്കൊത്ത് ഇന്നത് കേൾക്കണം ഇന്നത് ചെയ്യണം ഇന്നത് കാണണം ഓരോരുത്തർക്കും പലതിലാവും അഭിരുചി അപ്പം അതുകൊണ്ട് ഇന്നതാണ് നൂറ് ശതമാനം ശരി എന്ന് ഞാൻ വിധി കൽപ്പിക്കുന്നതിൽ അർത്ഥമല്ല അവരവരുടെ ഇണങ്ങിയ കാര്യങ്ങളിൽ ആണ് പൊതുവേ ഒത്തുചേരേണ്ടത് അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണുക തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കേൾക്കുക തനിക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടക്കുക ഈ രീതിയിലായാൽ മനുഷ്യന് മറ്റ് ദുഃഖങ്ങൾ കുറ കുറയും ഒരു തൊഴിലില്ലാതെ കണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ കുറെ ഒന്ന് മനോരാജ്യം വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ വ്യാപരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഒന്നിനെക്കുറിച്ചും അങ്ങനെ വേവലാതികൾ ആവശ്യമായിട്ട് വരില്ല അപ്പോ അതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഇഷ്ടം എന്ത് എന്ന് കണ്ടെത്തുക പലപ്പോഴും നമുക്ക് ഇഷ്ടവും ഹിതവും തമ്മിൽ ചിലപ്പോൾ മാറ്റേണ്ടാവും നമുക്കൊരു സാധനം ഇഷ്ടമാണ് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് പഞ്ചാരപായസം ഇഷ്ടമാണ് വെച്ചിട്ട് അത് കഴിച്ചാൽ പറ്റില്ല അത് ഹിതാവില്ല അത് നമ്മുടെ കൂടുതലെ നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുക ചെയ്യാം അപ്പൊ ഇഷ്ടം തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പഥ്യമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ അവനവന് പഥ്യവും അവനവന് ഹിതവും അവനവന് ഇഷ്ടവുമായ കാര്യങ്ങൾ കേൾക്കുകയോ സ്മരിക്കുകയോ അതിൽ താൽപ്പര്യപ്പെടുകയോ ചെയ്യുമ്പോൾ മനസ്സിന് ഈ ക്ലേശങ്ങൾ മനോദുഖങ്ങൾ കുറേ കുറഞ്ഞു കിട്ടും പക്ഷേ ആളുകൾക്ക് അതിനിടയില്ല തനിക്ക് ഹിതമെന്ത് എന്ന് കണ്ടെത്തി ചിന്തിച്ച് കണ്ടെത്താൻ അവർക്ക് സൗകര്യം കിട്ടണില്ല അത്ര തിരക്കാണ് അവർക്ക് ഗ്രഹേഷു ഗൃഹമേധിനാം കുടുംബ പ്രാരബങ്ങളിൽ പെട്ടിങ്ങനെ സദാ സദാ ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരായ ആളുകൾക്ക് ഈ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഹിതമായതെന്ത് തനിക്ക് ഏറ്റവും പഥ്യമായതെന്ത് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു നിദ്രയാ ഹ്രിയതേ നദം ആകെ രണ്ടു കാര്യം അവർക്കറിയുള്ളൂ രാത്രിയായോ ഉറങ്ങ പകലായ ഉണരുക ഈ ഒരു കാര്യം അവർ ധരിച്ചു വെച്ചിട്ടുണ്ട് രാത്രിയായ കുറെ നേരം കിടന്നുറങ്ങണം പകലായ ഉറക്കം വന്നാലും കുറെ നേരം പണിയെടുക്കണം എന്ന് മാത്രം ധരിക്കുക അതും പോരാ അവനവന്റെ കാര്യം പോട്ടെ ഇതിനൊക്കെ പുറമെ വേറെ പലരുടെ കാര്യവും കൂടിയും എനിക്ക് നോക്കാനുണ്ട് എന്നുള്ളൊരു ചിന്താഗതി വരിക ദേഹ അപത്യ കളത്രാദിഷു ആത്മസൈന്യേഷു അസൽ സ്വഭീ എന്റെ ദേഹം എനിക്ക് നോക്കണ്ടേ എൻ്റെ ഭാര്യയുടെ ദേഹം എനിക്ക് നോക്കണ്ടേ എൻ്റെ കുട്ടികളുടെ ദേഹം പോരാ ദേഹം പോരാ ദേഹം എൻ്റെ കുടുംബം എൻ്റെ കുടുംബകാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ ഇങ്ങനെ അവനവൻ്റെയും അവനവൻ്റെ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ പറഞ്ഞ് ശരിക്കുള്ള മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താന്നുള്ളത് മാത്രം മറക്കും കുടുംബജീവിതത്തിന് ലക്ഷ്യമുണ്ട് ആഫീസിലെ ജോലി അതെനിക്കറിയാം എനിക്ക് ഇന്നതാണ് ആഫീസിൽ ചെന്ന ജോലി കുടുംബത്തിൽ ഞാൻ ഗ്രഹനാഥനാണ് അല്ലെങ്കിൽ ഗ്രഹനാഥൻ്റെ അടുത്ത് ഭാര്യയാണ് ഭർത്താവാണ് അച്ഛനാണ് ഇങ്ങനെ പല നമ്മുടെ കുടുംബത്തിലെ പദവികൾ നമുക്കറിയാം നമ്മുടെ ആഫീസിലെ ജോലി എന്താണെന്ന് നമുക്കറിയാം പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കർത്തവ്യം എന്ത് എന്നുള്ളത് നാം മറന്നു പോവുക അതാണ് മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഇതാ ആദ്യമായിട്ട് ഈ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കർത്തവ്യം എന്ത് എന്ന് അതിന് സമയം കിട്ടണില്ല ബാക്കി പല കണ്ടെത്തലുകൾ കാരണം അതുകൊണ്ട് മനുഷ്യൻ തേഷാം പ്രമത്ത നിധനം പശ്യന്നപീ ന പശ്യതീ കണ്ണുണ്ടായിട്ടും കാണാത്തതുപോലെ കാതുണ്ടായിട്ടും കേൾക്കാത്തതുപോലെ മനുഷ്യജീവിതം കിട്ടിയിട്ടും ആ മനുഷ്യജീവിതം പ്രയോജനപ്പെടുത്താതെ ആളുകൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സർവതാമ്രിയമാണസ്യ എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുക സാധാരണ അല്ല സാധാരണ ജന്തുക്കൾ ജീവിതത്തിൽ ഒരിക്കലേ മരണുള്ളൂ മറ്റേ ജീവിക്കും അവരൊരിക്കലേ മരിക്കണുള്ളൂ പക്ഷേ മനുഷ്യൻ മാത്രമല്ല പലതവണ മരിക്കുക മരണത്തെക്കാൾ കഷ്ടമാണ് മരണത്തെക്കുറിച്ചുള്ള ഭയം എന്നാണ് ശ്രീശ്വബ്രഹ്മേശ് അഭിപ്രായം മരണം പ്രകൃതി ശരീരിണം വികൃതി ജീവിതം ഉച്ചതെ ബുധൈ മരണം സർവ്വസാധാരണമായ ഒരു പ്രതിഭാസാണ് പ്രകൃതിയിലെ പ്രതിഭാസാണ് നിലനിൽക്കുക നശിക്കുക എന്നുള്ളത് ഒരു സാമാന്യ സമ്പ്രദായമാണ് സങ്കോച പ്രകൃതിയുടെ സ്ഥിരമായ ഭാവമാണ് അത് മനസ്സിലാക്കിയൊരു മനുഷ്യൻ എന്തിനാ ദുഃഖിക്കണേ സൂര്യൻ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂർ കൂടി കഴിഞ്ഞാൽ സൂര്യനസ്തമിക്കും എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഷ്യൂ അറമണിയാവൂലോ അറുമണിയായാൽ സൂര്യൻ അസ്തമിക്കില്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ നാളെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കും കുതിച്ചില്ലെങ്കിലോ നാളെ വായനയ്ക്ക് വരിക സൂര്യൻ മാത്രം ഒട്ട് കുടിക്കാനൊട്ട് ഇങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ വൃഥാഖേദയസേ വെറുതെ നമ്മൾ വ്യാകുലപ്പെടുക ചെയ്യണത് ജാതസി ഹി ഭഗവാൻ ഗീതയിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ശ്രീശുഖ ബ്രഹ്മർഷി മറ്റൊരു സമ്പ്രദായത്തിൽ ആവിഷ്കരിച്ചത് തസ്നാൽ അപരിഹാരിയെ അർത്ഥേ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ നേരെയാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ട കാര്യങ്ങളെക്കുറിച്ച് നാം വേവലാതിപ്പെടുന്നതിൽ അർത്ഥമില്ല അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല മനുഷ്യന് മരണമല്ല പ്രശ്നം മരണഭയാണ് വേറെ ഒരു ജീവികൾക്കും മരണത്തെക്കുറിച്ച് ഇങ്ങനെ മുൻകൂട്ടി ആലോചിച്ച് ഭയപ്പെടുന്ന ഏർപ്പാടില്ല ആനയ്ക്കില്ല കുതിരയ്ക്കില്ല പാമ്പിനില്ല പക്ഷികൾക്കില്ല മാനിനില്ല അവരൊക്കെ വരാൻ പോകുന്ന മരണത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറില്ല നമ്മളാണയ്യോ അപ്പോൾ ഷഷ്ടി കുർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അല്ല ഷഷ്ടി എൺപത്തിനാല് പേരെയൊക്കെ ജീവിച്ച ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഒരു സമാധാനം എൺപത്തിനാല് കഴിയുമ്പോൾ ദേ ഞാൻ നാൾ പിറന്നാൾക്ക് പോയതാ അയാളുടെ തൊണ്ണൂറ്റാറാമത്തെ പിറന്നാളാണോ ഇപ്പോഴും സുഖമായിട്ട് അങ്ങനെ നടക്കണു നന്നായിട്ട് ആവും സമാധാനം നിധനം പശ്യന്ന പീന പശ്യീതി അതേ സമയത്ത് പിറന്ന് ദിവസം മണിക്കൂറുകൾക്കൊക്കെ മരിച്ചു കുഞ്ഞുങ്ങളുണ്ട് അമ്മയുടെ ഉദയ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്ന ആളുകളുണ്ട് ചെറുപ്പത്തിലെ നല്ല രോഗ ഗാത്രൻ ദാ പോവായിരുന്നു ഓണത്തിന് ഓണപ്പടം മേടിക്കാൻ പിടിയിലേക്ക് പോകുന്ന സമയത്താ പിന്നൊരു ആട്ടോറിക്ഷ വന്നിടിച്ചു കഴിഞ്ഞു വിമാനത്തിൽ പറന്ന് വരികയാണ് ഓണം ഉണ്ണാൻ വിമാന അപകടം ഇങ്ങനെ അല്ലെങ്കിൽ ദാ പൗരന വഴിക്ക് ഒരു ബോംബ് പൊട്ടി അതല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ ആരോ വന്ന് ദാ വാളെടുത്ത് വെട്ടിക്കൊന്നു വെട്ടി വെട്ടി നുറുക്കിയിടുന്നു ഇതിനൊക്കെ എന്താ നിധനം പശ്യൻ നബി ഇതുപോലെ എന്തെല്ലാം രീതിയിലുള്ള മരണങ്ങൾ അനുനിമിഷം ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒന്ന് എൻ്റെയും നദികളിൽ ഉതക പോള പോലെ എന്നൊക്കെയാണ് എഴുത്തച്ഛൻ പറയണത് നദികളിൽ എത്ര എത്ര ഒഴുക്കിൻ്റെ ഇടയിൽ ചിലപ്പോ ചിലപ്പോളകള് ഏഹ് ചിലപ്പോ കൊറവനവധി പോളകൾ ചേരും ചിലപ്പോ ഒന്നുമില്ല ഒന്നോ പോണു ചിലപ്പോൾ മൂന്നോ നാല് ഏഹ് കൂടെ ഉണ്ടായിരുന്ന പോളെ മറ്റേ പോളത്തിയാള് കൂടെയില്ല ഇങ്ങനെ നാളെ കണ്ട ഇന്ന് കാണുന്നില്ല എപ്പോഴാണ് ഇന്നീ കണ്ട തടിക്കൂ ഇന്ന നേരം അറിവീല അതിനെക്കുറിച്ച് നാം വേവലാതിപ്പെട്ടാലും നടക്കേണ്ടത് നടന്നേ ഇരിക്കും മരണം എന്നുള്ളത് മാത്രമാണ് ശാശ്വതമായ ഒന്ന് ഒരു ജലഗണം വാസ്തവത്തിൽ മരണം എന്നുള്ളതില്ല എന്നാണ് ശേഷിക്കപ്പന് ഈ വികാസ പരിണാമങ്ങളെ ഉള്ളൂ രൂപഭാവ പരിണാമങ്ങളെ ഉള്ളൂ ഒരു വെള്ളത്തുള്ളി സമുദ്രമായിട്ട് അങ്ങനെ സുഖമായിട്ട് കൂടി കഴിയുകയായിരുന്നു അതിനിടയ്ക്കാണ് സൂര്യാതപമേറ്റ് അതിനാ വെള്ളത്തുള്ളി എന്നുള്ള സാധനം നഷ്ടപ്പെട്ടു അതൊരു നീരാവിയായിട്ട് മാറി നീരാവിയായിട്ട് മാറി നീരാവിയായിട്ട് അങ്ങനെ അങ്ങനെ പോവും നട അങ്ങനെ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ലക്ഷ്യവും ഇല്ലാതെ ഏതോ പർവ്വത പ്രദേശങ്ങളായിട്ടോ ആ ചൂടിന് ഒരു കുറവ് വന്നു അപ്പം അത് വീണ്ടും ഒരു ഒരു തുള്ളിയായി ഒരു ജലഗണമായി ജലഗണമായി ഒറ്റയല്ല വേറെയും ഇതുപോലെ എത്രയോ ജലകളങ്ങൾ ആ ജലകളങ്ങൾ ജലഗണങ്ങളായിട്ട് ആ താഴെ ഭൂമിയിലേക്ക് വരുന്നു ഭൂമിയിൽ വന്നു ഒരുപക്ഷെ ഒരു ജലാശയത്തില് ഒരു നദിയില് ജലാശയം തന്നെ അനവധി ജലഗണങ്ങൾ കൂടുമ്പോൾ അത് അങ്ങോട്ട് നിറയുന്നു എന്നിട്ട് ഒഴുകാൻ തുടങ്ങുന്നു ഒഴുകി ഒഴുകി അത് അവസാനം സമുദ്രത്തിൽ തന്നെ ചെന്നു ചേരുന്നു ഇപ്പൊ എന്താ വെള്ളത്തുള്ളിയുടെ മരണം ഉണ്ടായോ അതുപോലെ മരണം സംഭവിച്ചോ ആ നീരാജിയുടെ വരുഷബബിന്ദുവിൻ്റെ മരണം സംഭവിച്ചോ ഇല്ല മരണം എന്നുള്ളതല്ലാണ്ടേ ചില ചില മാറ്റങ്ങൾ സംഭവിച്ചു ഉള്ളൂ ഇതുപോലെ ശരീരം വാസാംസി ജീർണാനി യഥാ വിഹായ ഗീതയിലൊക്കെ അതെയാ പറയണത് ഈ മരണം നമ്മൾ വെറുതെ അതിനെ മരണമായിട്ട് ഘടേ ഭിന്നെ യഥാകാശ ആകാശ സ്യാത് യഥാപുരാ എന്നൊക്കെയാണ് നമ്മൾ ആകാശം പൊതിഞ്ഞുകെട്ടി വെച്ചിരിക്കുക ആരും എടുക്കരുതെട്ടോ ഞാൻ ഈ കുടത്തിൽ നിറച്ച ആകാശം കെട്ടി പൊതിഞ്ഞു വെച്ചിരിക്കുക എനിക്കിത്ര ആവശ്യമുണ്ട് അതിനുവേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക പക്ഷെ ആരോ ആരെങ്കിലും എടുക്കണ്ട ഏതെങ്കിലും സാധനം അതിലേ പോയി ഇല്ലെങ്കിൽ എന്തോ സാധനം ആ കുടത്തുമ്മ വീണു പൊട്ടി ഇപ്പോൾ കുടത്തിൽ ആകാശം എവിടെ പോയി കുടത്തിൽ ആകാശം മരി ഇല്ലെങ്കിൽ കുടം മരിച്ചു എന്നല്ല നമ്മൾ പറയണത് ആ കുടത്തിൽ കുടം മരിക്കല്ല ചെയ്തത് അതിലുണ്ടായിരുന്ന ആകാശത്തിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല അത് ഈ ആകാശത്തിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമവ്യോമത്തിൽ ചെന്ന് വിലയം പ്രാപിച്ചിരിക്കുക ഇതുപോലെ ജീവചൈതന്യം അതിന് നാശമില്ല ഈ ശരീരത്തിന്റെ ഭാവങ്ങൾക്ക് അത് ചിലപ്പോൾ ചീയും അത് ചിലപ്പോൾ കത്തിഭസ്മായി വരും അത് ചിലപ്പോൾ നീറ്റ് ഓടി നടന്നു എന്ന് വരും ചിലപ്പോൾ ഒരിക്കലും വെട്ടിയിട്ട പോലെ കിടന്നു എന്നു വരും ഇതൊക്കെ ശരീരധർമ്മങ്ങളാ ഇതൊന്നും ജീവന്റെ ധർമ്മങ്ങളല്ല ജീവൻ എപ്പോഴും ഉത്തിഷ്ഠത ജാഗ്രത ജാഗ്രത പ്രാപ്യ വരാന്നി നിബോധത അങ്ങനെ ജീവന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ജീവൻ എന്നും നീങ്ങിക്കൊണ്ടിരിക്കും മരണത്തിലേക്കല്ല ജീവന്റെ ഒഴുക്ക് അതെന്നും സച്ചിദാനന്ദ സമുദ്രത്തിലേക്ക് ആയിരിക്കണം ജീവന്റെ ഒഴുക്ക് എന്ന് നാം കണ്ടെത്തുക വേണ്ടത് तस्मा भारत सर्वात्मा भगवा श्रोतव्य स्मर्तव्यय परमात्म चैतन्यवरूपिया अवते अच्छा पाड़ा अवते स्म अ आराधिक अड़ते आस्विक इधर മനുഷ്യ ജന്മലാഭ പരാ മനുഷ്യ ജീവിതം കിട്ടിയതിന്റെ പരമമായ നേട്ടം ഇതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്നിലുള്ള ജീവചൈതന്യം എന്ന് മനസ്സിലാക്കി ഈ ശരീരത്തിൽ നിന്ന് ജീവചൈതന്യത്തിന് വിടുതി ലഭിക്കുമ്പോൾ അത് പിന്നെയും ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ചെന്നു കുടുങ്ങി പുനരവിജനനം പുനരഭിമരണം പുനരവിജനീ രഠരേ ഈ രീതിയിലുള്ള കാലചക്രത്തിൽപ്പെട്ട് നട്ടം തിരിയുന്നതിന് പകരം മനോമയർപ്പിതം സ്ഥിരം ദാ സമുദ്രത്തിൽ ചെന്ന് ഗുന്തി ദേവി കുറച്ചു മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ സമുദ്രത്തിൽ ചെന്ന് ചേരലാണ് പുഴകളുടെ മുഴുവൻ ലക്ഷ്യം ഇതുപോലെ പരമ ചെന്ന് വിലയം പ്രാപിക്കലാണ് ഈ ജന്തു കുടുങ്ങിയിട്ടുള്ള ജീവന്റെ ലക്ഷ്യം എന്ന് മനസ്സിലായാൽ ആ ഭഗവാൻ ആ ഒരു ഒരു താല്പര്യം ഈ മനുഷ്യ ശരീരത്തിനോടുള്ള ആസക്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഈ മനുഷ്യ ശരീരത്തെ പോലും ചൈതന്യവത്താക്കുന്ന പരമാത്മ ചൈതന്യത്തിനോടുള്ള അഭിനിവേശം നമുക്ക് വളർന്ന് വളർന്ന് വരണമെങ്കിൽ ഗുണാനുഗനേ ഹരേ ഭഗവത് കഥാശ്രവണ കീർത്തനാദികളിൽ മനസ്സ് രമിക്കണം രമിച്ചു തുടങ്ങണം മനസ്സ് രമിക്കണം എന്നാണ് ശേഷ ബ്രഹ്മി പറയണത് രമന്ത രമിക്കണം വെറുതെ അല്ല എന്തെങ്കിലും ചെയ്യുന്നു Kenapa boleh aku dah calon Kari-kari